െങ്കിൽ കഴിയാമായിരുന്നു രാധ എവിടെ ഭാർഗവി ഇത്ര നേരത്തെ അവളും കിടന്നുറങ്ങിയോ കൊല്ല പരീക്ഷക്കിന് രണ്ടു മാസം കൂടിയല്ലേ ഉള്ളൂ വല്ലാത്ത തലവേദന സന്ധ്യ ആയപ്പോഴേ അതാ മൂടി പൊതച്ചു കിടക്കുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൾ അങ്ങനെ തന്നെ നേരെ ചൊവ്വ ഒന്നും കഴിക്കുന്നു നീ എന്നിട്ടെന്താ എന്നോട് പറയാത്തത് മിനിഞ്ഞോ ഇന്നലെയോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ശങ്കരം വൈദ്യനെയും വിളിച്ചു കൊണ്ടുവരുമായിരുന്നു ഇന്നിനി പറ്റില്ല അയാളും വൈദ്യശാല പൂട്ടി പോയി കാണും വൈദ്യനെ കാണിക്കേണ്ട അസുഖമൊന്നുമില്ല പിന്നെ പിന്നെന്തു പറയാന് അച്ഛൻ കൊഞ്ചിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് തന്നെ കാരണം ഞാൻ കൊഞ്ചിച്ചില്ലായിരുന്നെങ്കിൽ നീ കൊഞ്ചിക്കുമായിരുന്നു അവൾക്കിപ്പം എഴുപത്തി രൂപ വേണം പോലും അതെന്തിനാ ഇത്രയും വലിയൊരു തുക പണം എന്റെ കൈയിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളുടെ പരീക്ഷാ ഫീസ് സമയത്ത് അടയ്ക്കുമായിരുന്നല്ലോ വെറുതെ പിഴ കൊടുക്കുമായിരുന്നു അത് വല്ലതും അവൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ വയസ്സ് പതിനെട്ട് തികഞ്ഞു തന്തേം തങ്ങളുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കത്തൊക്കെ പ്രായമായില്ലേ അവളെ പറ്റി ഇതൊക്കെ ഞാൻ എന്നും കേൾക്കുന്നതാണല്ലോ നീ കാര്യം പറ അവൾക്കിപ്പം രൂപയുടെ ആവശ്യമെന്താ അവളുടെ ക്ലാസ്സിലെ പിള്ളേരും വാദ്യാന്മാരും എല്ലാം ചേർന്ന് തേക്കടിയിലും ഊട്ടിയിലുമൊക്കെ പോകുന്നുണ്ട് പോലും അവളും പോയേ തീരുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടത്രേ അവള് സ്കൂളിൽ നിന്ന് ജയിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ അന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു കേട്ടിരുന്നെങ്കിൽ അവളെ കോളേജിൽ അയക്കണ്ടാന്ന് പറഞ്ഞത് വല്ല ടൈപ്പിങ്ങോ മറ്റോ പഠിച്ചിരുന്നെങ്കിൽ ഇതിനകം വല്ലയിടത്തും ജോലി കിട്ടുമായിരുന്നു പുത്തൻ വീട്ടിലെ അമ്മിണിയും ഇവളും ഒരേ പ്രായമാ ഇന്ന് അവളെ കൊണ്ടാ ആ കുടുംബം കഴിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റിലെ ഭാർഗവി ഈ എങ്കിലുകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ നല്ല പ്രയോജനവുമുണ്ടോ നമ്മുടെ കാര്യം തന്നെ എടുക്കാം എന്റെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ അല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് അതിനു പേരം അച്ഛൻ പറഞ്ഞതുപോലെ ശീതനം വാങ്ങി മറ്റേ പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്ര സുഖമായി കഴിയാമായിരുന്നു പിന്നെന്താ അങ്ങനെ ചെയ്യാത്തത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ അത് ചെയ്യില്ലായിരുന്നു എന്നെനിക്കറിയാം പക്ഷേ ഒരു പെണ്ണിനെ സ്നേഹിച്ചു വഞ്ചിച്ചിട്ട് കൂടെ സുഖമായി താമസിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കില്ലായിരുന്നു ലിസൺ ആൻഡ് റിപ്പി രാജേ ഭാർഗവി രാധ എവിടെ ഭാർഗവി ഇത്ര നേരത്തെ അവളും കിടന്നുറങ്ങിയോ ഇത്ര അവളും കിടന്നുറങ്ങിയോ കൊല്ല പരീക്ഷകിനി രണ്ടു മാസം കൂടിയല്ലേ ഉള്ളൂ കൊല്ല പരീക്ഷക്ക് രണ്ടു മാസം കൂടിയല്ലേ ഉള്ളൂ വല്ലാത്ത തലവേദനയാണെന്നും പറഞ്ഞ് വല്ലാത്ത തലവേദനയാണെന്നും പറഞ്ഞ് സന്ധ്യ അതാ മൂടി പൊതച്ചു കിടക്കുന്നു ന്ധ്യയായപ്പോഴേ അതാ മൂടി പൊതച്ചു കിടക്കുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൾ അങ്ങനെ തന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൾ അങ്ങനെ തന്നെ നേരെ ചൊവ്വയൊന്നും കഴിക്കുന്നുമില്ല നേരേ ചൊവ്വ ഒന്നും കഴിക്കുന്നുമില്ലോ നീ എന്നിട്ടെന്താ എന്നോട് പറയാത്തത് മിനിഞ്ഞാന്നോ ഇന്നലെയോ പറഞ്ഞിരുന്നെങ്കിൽ മിനിഞ്ഞാനോ ഇന്നലെയോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ശങ്കരൻ വൈദ്യനെ വിളിച്ചു കൊണ്ടുവരുമായിരുന്നു ഞാൻ ആ ശങ്കരൻ വൈദ്യനെ വിളിച്ചു ഇന്നിനി പറ്റില്ല ഇന്നിനി പറ്റില്ല അയാളും വൈദ്യശാല പൂട്ടിപ്പോയി കാണും അയാളും വൈദ്യശാല പൂട്ടി പോയി കാണും വൈദ്യനെ കാണിക്കേണ്ട അസുഖമൊന്നുമില്ല വൈദ്യനെ കാണിക്കേണ്ട അസുഖമൊന്നുമില്ല അവൾക്ക് പിന്നെ പിന്നെ പിന്നെന്ത്യാന പിന്നെന്ത്യാനോ അച്ഛൻ കൊഞ്ചിച്ചു വെച്ചിട്ടുണ്ടല്ലോ ോ അത് തന്നെ കാരണം അത് തന്നെ കാരണം ഞാൻ കൊഞ്ചിച്ചില്ലായിരുന്നെങ്കിൽ നീ കൊഞ്ചിക്കുമായിരുന്നു ഞാൻ കൊഞ്ചിച്ചില്ലായിരുന്നെങ്കിൽ നീ കൊഞ്ചിക്കുമായിരുന്നു ആതിരിക്കട്ടെ അതിരിക്കട്ടെ കാര്യം പറ അവൾക്കിപ്പം എഴുപത്തി അഞ്ച് രൂപ വേണം പോലും പോലും അതെന്തിനാ ഇത്രയും വലിയൊരു തുക അത്രയും പണം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും പണം എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളുടെ പരീക്ഷാ ഫീസ് സമയത്ത് അടയ്ക്കുമായിരുന്നല്ലോ ഞാൻ അവളുടെ പരീക്ഷാ ഫീസ് സമയത്ത് അടയ്ക്കുമായിരുന്നല്ലോ വെറുതെ പിഴ ഒടുക്കുമായിരുന്നോ വെറുതെ പിഴ ഒടുക്കുമായിരുന്നോ അത് വല്ലതും അവൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് വല്ലതും അവൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എത്ര നന്നായിരുന്നേനെ വയസ്സു പതിനെട്ട് തികഞ്ഞു വയസ്സു പതിനെട്ട് തികഞ്ഞു തന്തയുടെയും തള്ളയുടെയും പ്രയാസങ്ങൾ തന്തയുടെയും തള്ളിയുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കത്തക്ക പ്രായമായില്ലേ മനസ്സിലാക്കത്തക്ക പ്രായമായില്ലേ അവിടെ പറ്റി ഇതൊക്കെ ഞാൻ എന്നും കേൾക്കുന്നതാണല്ലോ അവളെ പറ്റി ഇതൊക്കെ ഞാൻ എന്നും കേൾക്കുന്നതാണല്ലോ നീ കാര്യം പറ നീ കാര്യം പറ അവൾക്കിപ്പം രൂപയുടെ ആവശ്യം എന്താ അവൾക്കിപ്പം രൂപയുടെ ആവശ്യം എന്താ അവളുടെ ക്ലാസ്സിലെ പിള്ളേരും വാദ്യാമാരും എല്ലാം ചേർന്ന് അവളുടെ ക്ലാസ്സിലെ പിള്ളേരും വാദ്യാന്മാരും എല്ലാം ചേർന്ന് തേക്കടിയിലും ഊട്ടിയിലും ഒക്കെ പോകുന്നുണ്ട് േക്കടിയിലും ഊട്ടിയിലും ഒക്കെ പോകുന്നുണ്ട് പോലും അവളും പോയേ തീരുവെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടത്രേ അവളും പോയേ തീരുവെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടത്രേ അവള് സ്കൂളിൽ നിന്ന് ജയിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൾ സ്കൂളിൽ നിന്ന് ജയിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ അന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു അന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വിഷമിക്കേണ്ടി എന്ത്രുന്നെങ്കിൽ അവളെ കോളേജിൽ അയക്കണ്ടെന്ന് പറഞ്ഞത് അവളെ കോളേജിൽ അയക്കണ്ടാന്ന് പറഞ്ഞത് വല്ല ടൈപ്പിങ്ങോ മറ്റോ പഠിച്ചിരുന്നെങ്കിൽ നല്ല ടൈപ്പിങ്ങോ മറ്റോ പഠിച്ചിരുന്നെങ്കിൽ ഇതിനകം വല്ലയിടത്തും ജോലി കിട്ടുമായിരുന്നു ഇതിനകം വല്ലയിടത്തും ജോലി കിട്ടുമായിരുന്നു പുത്തൻ വീട്ടിലെ അമ്മിണിയും ഇവളും ഒരേ പ്രായമാ പുത്തൻ വീട്ടിലെ അമ്മിണിയും ഇവളും ഒരേ പ്രായമ ഇന്ന് അവളെ കൊണ്ടാ ആ കുടുംബം കഴിയുന്നത് തന്നെ ഇന്ന് അവളെ ആ കുടുംബം കഴിയുന്നത് തന്നെ സെക്രട്ടറിയേറ്റിലെ ടൈപ്പിസ്റ്റാ ഇന്ന് അവള് സെക്രട്ടറിയേറ്റിലെ ടൈപ്പിസ്റ്റ് ആയിരുന്നു അവള് ഭാർഗവി ഈ എങ്കിലുകളുടെ കാര്യം പറഞ്ഞു ഭാർഗവി ഈ എങ്കിലുകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാല് നല്ല പ്രയോജനവുമുണ്ടോ വല്ല പ്രയോജനവുമുണ്ടോ നമ്മുടെ കാര്യം തന്നെ എടുക്കാം നമ്മുടെ കാര്യം തന്നെ എടുക്കാം എന്റെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ അല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്റെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ അല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് അതിനു പകരം അച്ഛൻ പറഞ്ഞതുപോലെ അതിനു പകരം അച്ഛൻ പറഞ്ഞതുപോലെ ശ്രീധരം വാങ്ങി മറ്റേ പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ീതനും വാങ്ങി മറ്റേ പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് എത്ര സുഖമായി കഴിയാമായിരുന്നു പിന്നെന്താ അങ്ങനെ ചെയ്യാത്തത് പിന്നെന്താ അങ്ങനെ ചെയ്യാത്തത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുളത്തിൽ ചാടി ചത്തുകളയുമായിരുന്നു ഞാൻ കുളത്തിൽ ചാടി ചത്തുകളത് ചെയ്യില്ലായിരുന്നു എന്നെനിക്കറിയാം നീ അത് ചെയ്യില്ലായിരുന്നു എന്നെനിക്കറിയാം പക്ഷെ ഒരു പെണ്ണിനെ സ്നേഹിച്ചു വഞ്ചിച്ചിട്ട് പക്ഷേ ഒരു പെണ്ണിനെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെ സുഖമായി താമസിക്കാൻ വേറൊരുത്തിയുടെ കൂടെ സുഖമായി താമസിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കില്ലായിരുന്നു എന്റെ മനസാക്ഷി അനുവദിക്കില്ലായിരുന്നു അവധിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ പോകുമായിരുന്നു അവധി ഉണ്ടായിരുന്നെങ്കിൽ അവധിയുണ്ടായിരുന്നെങ്കിൽ അവധിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ പോയേനെ വിളിച്ചിരുന്നെങ്കിൽ എല്ലാവരും വരുമായിരുന്നു െങ്കിൽ എല്ലാവരും എല്ലാവരും വന്നേനെ പണം സമ്പാദിച്ചിരുന്നെങ്കിൽ സുഖമായി ജീവിക്കുമായിരുന്നു െങ്കിൽ സുഖമായി ജീവിക്കുമായിരുന്നു പണം സമ്പാദിച്ചിരുന്നെങ്കിൽ പണം സമ്പാദിച്ചിരുന്നെങ്കിൽ സുഖമായി ജീവിച്ചേനെ നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു നീ െങ്കിൽ ഞാൻ ഞാൻ ഞാൻ വരുമായിരുന്നില്ല തലവേദനയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറയില്ലായിരുന്നു യാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറയില്ലായിരുന്നു തലവേദനയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറയുമായിരുന്നില്ല തലവേദനയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറയുമായിരുന്നില്ല നന്നായി പഠിച്ചിരുന്നെങ്കിൽ തോൽക്കില്ലായിരുന്നു നന്നായി പഠിച്ചിരുന്നെങ്കിൽ തോൽക്കില്ലായിരുന്നു നന്നായി പഠിച്ചിരുന്നെങ്കിൽ തോൽക്കുമായിരുന്നില്ല രണ്ടു പ്രാവശ്യം വായിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസിലാക്കാമായിരുന്നു രണ്ടു പ്രാവശ്യം വായിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു കഴിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു കഴിവുണ്ടായിരുന്നെങ്കിൽ അവർക്കും അങ്ങനെ ചെയ്യാമായിരുന്നു കട നേരത്തെ പൂട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ വേഗം എത്താമായിരുന്നു കട നേരത്തെ പൂട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ വേഗം എത്താമായിരുന്നു അച്ഛൻ കൊഞ്ചിച്ചില്ലായിരുന്നെങ്കിൽ അമ്മ കൊഞ്ചിക്കുമായിരുന്നോ അച്ഛൻ കൊഞ്ചിച്ചില്ലായിരുന്നെങ്കിൽ അമ്മ കൊഞ്ചിക്കുമായിരുന്നോ അച്ഛൻ കൊഞ്ചിക്കാതെ ഇരുന്നെങ്കിൽ അമ്മ കൊഞ്ചിക്കുമായിരുന്നോ അച്ഛൻ കൊഞ്ചിക്കാതെ ഇരുന്നെങ്കിൽ അമ്മ കൊഞ്ചിക്കുമായിരുന്നോ അച്ഛൻ കൊഞ്ചിച്ചിരുന്നെങ്കിൽ അമ്മ കൊഞ്ചിക്കുമായിരുന്നോ അച്ഛൻ കൊഞ്ചിച്ചിരുന്നെങ്കിൽ അമ്മ കൊഞ്ചിക്കുമായിരുന്നോ തർക്കുത്തരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹം വിടുമായിരുന്നില്ലേ ർക്കുത്തരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹം വിടുമായിരുന്നില്ലേ തർക്കുത്തരം പറയാതെരുന്നെങ്കിൽ അദ്ദേഹം വിടുമായിരുന്നില്ലേ തർക്കുത്തരം പറയാതിരുന്നെങ്കിൽ അദ്ദേഹം വിടുമായിരുന്നില്ലേ തർക്കുത്തരം പറഞ്ഞിരുന്നില്ലെങ്കിൽ അദ്ദേഹം വിടുമായിരുന്നില്ലേ ർക്കുത്തരം പറഞ്ഞിരുന്നില്ലെങ്കിൽ അദ്ദേഹം വിടുമായിരുന്നില്ലേ കൈക്കൂലി വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ ൂലി വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ കൈക്കൂലി വാങ്ങിക്കാതെ ഇരുന്നെങ്കിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ വാങ്ങിക്കാതെ ഇരുന്നെങ്കിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ വാങ്ങിച്ചിരുന്നില്ലെങ്കിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ ൂല് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ കൈക്കൂലി വാങ്ങിക്കാതെ ഇരുന്നെങ്കിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ വാങ്ങിക്കാതെ ഇരുന്നെങ്കിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ വാങ്ങിച്ചിരുന്നില്ലെങ്കിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ ിൽ ശിക്ഷിക്കുമായിരുന്നില്ലേ പെൻഷൻ ഡ്രിൽ മോഡൽ വിറ്റിരുന്നെങ്കിൽ വിറ്റിരുന്നെങ്കിൽ ലാഭം കിട്ടുമായിരുന്നു വിറ്റിരുന്നെങ്കിൽ നല്ല ലാഭം കിട്ടുമായിരുന്നു പറഞ്ഞ വിലക്ക് പറഞ്ഞ വിലയ്ക്ക് വിറ്റിരുന്നെങ്കിൽ നല്ല ലാഭം കിട്ടുമായിരുന്നു അന്ന് പറഞ്ഞു വിറ്റിരുന്നെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞു വിലക്ക് വിറ്റിരുന്നെങ്കിൽ നല്ല ലാഭം കിട്ടുമായിരുന്നു നൗ ഫോളോ ദ മോഡൽ പറഞ്ഞിരുന്നെങ്കിൽ ചെയ്തേനെ പറഞ്ഞിരുന്നെങ്കിൽ മടി കൂടാതെ ചെയ്തേനെ പറഞ്ഞിരുന്നെങ്കിൽ ഒട്ടും മടി കൂടാതെ ചെയ്തേനെ എന്നോട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒട്ടും മടി കൂടാതെ ചെയ്തേനെ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒട്ടും മടി കൂടാതെ ചെയ്തേനെ ഞാൻ കൊടുക്കില്ലായിരുന്നു സംഭാവന ഞാൻ കൊടുക്കില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംഭാവന കൊടുക്കില്ലായിരുന്നു കള്ളന്മാരാണെന്ന് കള്ളന്മാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംഭാവന കൊടുക്കില്ലായിരുന്നു അത്ര കള്ളന്മാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംഭാവന കൊടുക്കില്ലായിരുന്നു അവർ അവർ അത്ര കള്ളന്മാരാണെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംഭാവന കൊടുക്കില്ലായിരുന്നു നീ പാടിയിരുന്നെങ്കിൽ ഞാൻ കേൾക്കുമായിരുന്നു നീ പാടിയിരുന്നെങ്കിൽ ഞാൻ കേട്ടേനെ നൗ പളുത മോഡൽ നല്ല തൈരുണ്ടായിരുന്നെങ്കിൽ വെണ്ണ ഉണ്ടാക്കുമായിരുന്നു നല്ല തൈരുണ്ടായിരുന്നെങ്കിൽ നല്ല വീട് കിട്ടിയിരുന്നെങ്കിൽ ഇത് വിടുമായിരുന്നു നല്ല വീട് കിട്ടിയിരുന്നെങ്കിൽ ഇത് വിട്ടേനെ പുതിയ സാരി വാങ്ങിച്ചിരുന്നെങ്കിൽ പഴയത് അവൾക്ക് കൊടുക്കുമായിരുന്നു പുതിയ സാരി വാങ്ങിച്ചിരുന്നെങ്കിൽ പഴയത് അവൾക്ക് കൊടുത്തേനെ ഞാൻ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിരുന്നെങ്കിൽ തൊഴുതേനെ നീ നന്നായി കത്തിച്ചിരുന്നെങ്കിൽ അരി െങ്കിൽ ദാഹം തീർത്തേനെ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ദാഹം തീർക്കാമായിരുന്നു നൗ ഫോളോ ദോഡൽ കുഞ്ഞു കരഞ്ഞിരുന്നെങ്കിൽ എടുത്തേനെ കുഞ്ഞു കരഞ്ഞിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു വിശപ്പ് തീർന്നിരുന്നെങ്കിൽ എണീറ്റേനെ വിശപ്പ് തീർന്നിരുന്നെങ്കിൽ എണീക്കാമായിരുന്നു കവിത എഴുതിയിരുന്നെങ്കിൽ കവിയായേനെ കവിത എഴുതിയിരുന്നെങ്കിൽ കവി ആകാമായിരുന്നു ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ എല്ലാം വാങ്ങിയേനി ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ എല്ലാം വാങ്ങാമായിരുന്നു കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ശിക്ഷിച്ചേനി കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ശിക്ഷിക്കാമായിരുന്നു മോഡൽ ത്രീ പഠിച്ചാൽ ജയിക്കും പഠിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു നൗ ഫോളോ ദ മോഡൽ അവനെ കണ്ടാൽ ഞാൻ ആ കാര്യം ചോദിക്കും അവനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ കാര്യം ചോദിക്കുമായിരുന്നു അമ്പലങ്ങളെപ്പറ്റി ഓർത്താൽ അവൾക്ക് കവിത തോന്നും അമ്പലങ്ങളെപ്പറ്റി ഓർത്തിരുന്നെങ്കിൽ അവൾക്ക് കവിത തോന്നുമായിരുന്നു ഉറക്ക പറഞ്ഞാൽ എല്ലാവരും കേൾക്കും ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കേൾക്കുമായിരുന്നുണ്ടെങ്കിൽ താമസിപ്പിക്കും വിരുന്നു മുറി ഉണ്ടെങ്കിൽ താമസിപ്പിക്കുമായിരുന്നു പണം സമ്പാദിച്ചാൽ ചെലവാക്കും പണം സമ്പാദിച്ചിരുന്നെങ്കിൽ ചെലവാക്കുമായിരുന്നു അവൾ ചിരിച്ചിരുന്നെങ്കിൽ അവന് സന്തോഷമാകുമായിരുന്നു അവൾ ചിരിച്ചിരുന്നെങ്കിൽ അവന് സന്തോഷമാകുമായിരുന്നില്ല നൗ ഫോളോ ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ അവർ തരുമായിരുന്നു ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ അവർ തരുമായിരുന്നില്ല നീ പോയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നില്ല അവൾ മിണ്ടിയിരുന്നെങ്കിൽ ഞാനും മിണ്ടുമായിരുന്നു അവൾ മിണ്ടിയിരുന്നെങ്കിൽ ഞാനും മിണ്ടുമായിരുന്നില്ല പുതിയ തുണി കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് തയ്പ്പിക്കുമായിരുന്നു പുതിയ തുണി കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് തയ്പ്പിക്കുമായിരുന്നില്ല അപ്പോഴേ വന്നിരുന്നെങ്കിൽ വഴക്ക് കിട്ടുമായിരുന്നു അപ്പോഴേ വന്നിരുന്നെങ്കിൽ വഴക്ക് കിട്ടുമായിരുന്നില്ല മോഡൽ ടു അവരെ കണ്ടിരുന്നെങ്കിൽ സന്തോഷിക്കുമായിരുന്നു അവരെ കണ്ടില്ലായിരുന്നെങ്കിൽ സന്തോഷിക്കുമായിരുന്നു നൗ ഫോളോ ദ മോഡൽ വെറുതെ വിട്ടിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു വെറുതെ വിട്ടില്ലായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു അവർ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വരുമായിരുന്നു അവർ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ വരുമായിരുന്നു പനി വന്നിരുന്നെങ്കിൽ ഈ വെള്ളത്തിൽ കുളിക്കാമായിരുന്നു പനി വന്നില്ലായിരുന്നെങ്കിൽ ഈ വെള്ളത്തിൽ കുളിക്കാമായിരുന്നു മോഡൽ ത്രീ ഇഞ്ചിനീയറിംഗിന് പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ മനസ്സിലാകുമായിരുന്നു ഇഞ്ചിനീയറിംഗിന് പഠിക്കാതെ ഇതൊക്കെ മനസ്സിലാകുമായിരുന്നു നൗ ഫോള മോഡൽ പാവ വാങ്ങിച്ചിരുന്നെങ്കിൽ കുട്ടി സന്തോഷിക്കുമായിരുന്നു വാങ്ങിക്കാതിരുന്നെങ്കിൽ കുട്ടി സന്തോഷിക്കുമായിരുന്നു നൃത്തം കാണാൻ കൊണ്ടുപോയിരുന്നെങ്കിൽ കുഞ്ഞുറങ്ങുമായിരുന്നു നൃത്തം കാണാൻ കൊണ്ടുപോകാതിരുന്നെങ്കിൽ കുന്നുറങ്ങുമായിരുന്നു അമ്മ വഴക്കു പറഞ്ഞിരുന്നെങ്കിൽ മകൾ കേൾക്കുമായിരുന്നു അമ്മ വഴക്ക് പറയാതിരുന്നെങ്കിൽ മകൾ കേൾക്കുമായിരുന്നു ശിക്ഷിച്ചു വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ആകില്ലായിരുന്നു ശിക്ഷു വളർത്താതിരുന്നെങ്കിൽ ഇങ്ങനെ ആകില്ലായിരുന്നു ഡ്രിൽ വൺ ഞാൻ ഹോട്ടലിൽ താമസിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സന്തോഷിക്കുമായിരുന്നു ഞാൻ ഹോട്ടലിൽ താമസിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവളെ കല്യാണം കഴിക്കുമായിരുന്നു അവൾക്ക് സൗന്ദര്യമില്ല അതുകൊണ്ട് അദ്ദേഹം അവളെ കല്യാണം കഴിച്ചില്ല ചെറിയ കുടുംബമായിരുന്നെങ്കിൽ സുഖമായി ജീവിക്കുമായിരുന്നു ചെറിയ കുടുംബം അല്ല അതുകൊണ്ട് സുഖമായി ജീവിച്ചില്ല ഓമന പേര് പറഞ്ഞു വിളിച്ചിരുന്നെങ്കിൽ അവൾ ഓടി അവളെ ഒന്നു പേര് പറഞ്ഞ് വിളിച്ചില്ല അതുകൊണ്ട് അവൾ ഓടി വന്നില്ല മൂത്തത് ആണായിരുന്നെങ്കിൽ ആ കുടുംബം രക്ഷപെടുമായിരുന്നു മൂത്തത് അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടില്ല നേതാവ് മരിച്ചിരുന്നെങ്കിൽ അവധി കിട്ടുമായിരുന്നു നേതാവ് മരിച്ചില്ല അതുകൊണ്ട് അവധി കിട്ടിയില്ല മോഡൽ ടു നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല നീ പറഞ്ഞോ അതുകൊണ്ട് ഞാൻ വന്നു നൗ പണം ഇല്ലായിരുന്നെങ്കിൽ സ്വർണം വാങ്ങുമായിരുന്നില്ല പണം ഉണ്ട് അതുകൊണ്ട് സ്വർണം വാങ്ങി അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും പോകുമായിരുന്നില്ല വന്നു െങ്കിൽ കുടിക്കുമായിരുന്നില്ല കുടിച്ചു വീട് കിട്ടാതെ ഇരുന്നെങ്കിൽ ഭാര്യയെ കൊണ്ടുവരുമായിരുന്നില്ല വീട് കിട്ടി അതുകൊണ്ട് ഭാര്യയെ കൊണ്ടുവന്നു സ്ത്രീധനം വാങ്ങിക്കാതെ ഇരുന്നെങ്കിൽ വഴക്ക് കേൾക്കുമായിരുന്നില്ല സ്ത്രീധനം വാങ്ങി അതുകൊണ്ട് വഴക്ക് കേട്ടു